േമ <tents gossip galaxies> <tents gossip matrix>, <tems to humor> യോഗക്ഷേമതി പ്രാണപനയോ കർമ്മേഹസ്തോതിരിതി പദയോരിധി പയോഷീസമാൃപ്തിരിധോ ബലമ പശുസു ജ്യോതിരിക്ഷത്രു പ്രജമൃതമാനന്ദുപേൃഷ്ടുപാസ തന്മഹുപാസീത മഹാൻ തന്മനൈദ്യുപാസീതമാനവാൻ തന്നമുപാസീത അസ്മ കാേപാസീതാസീത കരീർണം മിയന്തി ത്രിശന്ത സപത്ന പരി അപ്രി ഭത സൃഷേ ആദിത്യേ സേക യെ കുറിച്ച് പറയുന്നു പലതരത്തിൽ എങ്ങനെയാണ് ഉപാസന സമ്പാദിച്ചതിന് പരിരക്ഷിക്കുന്നതാണ് ക്ഷേമം കേറുകയാണ് വൈദികമായ ഭാവന അതുകൊണ്ടാണ് ഫലം വാക്കൽ യോഗോ അനുപാത്തം യോഗക്ഷേമി യോഗം എന്ന് പറയുന്നത് ഇത് ഇവരെ ഇല്ലാതിരുന്നതിന് സമ്പാദിക്കുന്നാണ് യോഗം യോഗക്ഷേമ ആ യോഗക്ഷേമങ്ങൾ യോഗക്ഷേമ രൂപത്തിൽ അതുകൊണ്ട് ബ്രഹ്മ യോഗക്ഷേമ രൂപത്തിൽ പ്രാണാപാനങ്ങളിൽ പ്രതിഷ്ഠിതമാണ് എന്ന് ഉപാസിക്കണം ആയവും ഉത്തരേഷു അന്വേഷു തേലത്തേനാത്മനാ ബ്രഹ്മി ഉപാസ്യം ഇതുപോലെ എനിക്ക് തുടർന്നു വരുന്ന ഭാഗങ്ങളിലും അതാത് രൂപത്തിൽ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നത് പ്രാണന്മാരെ ഉപാസിക്കുക അങ്ങനെ ഇവിടെ പറയുന്നു കർമ്മരീതി ഹസ്തയുഹു ഗതിരീതി ഇതെല്ലാം അതാത് ബ്രഹ്മ ഉപാസനയാണ് അതാത് രൂപത്തിൽ ബ്രഹ്മത്ത് ഉപാസിക്കുന്നു കർമ്മ ബ്രഹ്മ നിവർത്തിയത് ഹസ്തയുഹു കർമാത്മാന ബ്രഹ്മപ്രതിഷ്ഠിതം ഇത് കർമ്മ ഇത് ഹസ്തയുഹോ കർമ്മം എന്ന് ഹസ്തത്തെ ഉപാസിക്കുന്നു സ്വയോപാസിച്ചിട്ട് എന്താ കാര്യം പറയുന്നു കർമ്മനഹ ബ്രഹ്മ നിവൃത്തി എത്തുവാൻ കർമ്മം ബ്രഹ്മനിവൃത്യമാണ് സർവകർമ്മങ്ങളും അതുകൊണ്ട് ഹസ്തയുഹോ കർമാത്മന ബ്രഹ്മപ്രതിഷ്ഠിതം കർമ്മരൂപത്തിൽ ഹസ്തത്തിൽ ബ്രഹ്മം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാണാപാനം മാര് അതാണ് സ്ഥിതിക്ക് ഹേതുവായിരിക്കുന്നത് ബ്രഹ്മമാണ് പ്രാണാപാന രൂപത്തിൽ ജീവനം നിലനിർത്തുന്നത് യോഗക്ഷേമ രൂപത്തിൽ പ്രാണാപാനമാതി ചെയ്യുന്നു അത് ബ്രഹ്മം തന്നെ ബ്രഹ്മഭാവനയും ഗതിരീതി പാതയോ കൈകൾ കൊണ്ട് നിർവഹിക്കുന്നു അത് ബ്രഹ്മമാണ് അതുകൊണ്ട് പാദത്തിൽ ബ്രഹ്മരൂപത്തിൽ ഗതി വിമുക്തിരീതി വിസർജനം പായു വിസർജനേന്ദ്രിയും അവിടെ വിമുക്തി എന്നുള്ള രൂപത്തിൽ ഉപാസിക്കുന്നു ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ ജീവത മാനുഷി മനുഷ്യ ശുഭവ മാനുഷ്യഹസമാജ്ഞ ഇതാണ് ഇവിടെ പറയുന്നത് മാനുഷി മനുഷ്യരിൽ സംഭവിക്കുന്നത് മാനുഷ്യം സമാജ്ഞാ ഉപാസന ആധ്യാത്മിക സമാജ്ഞാനി വിജ്ഞാനി ഉപാസനാനി തെക്ക ഇതാണ് ആധ്യാത്മിക എൻ്റെ ശരീര സംബന്ധിയായിട്ടുള്ള ഉപാസനകൾ ഈ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ബ്രഹ്മമാണതിന് കാരണം ബ്രഹ്മമാണെന്ന് പ്രവർത്തിപ്പിക്കുന്നത് അന്ന് ഉപാസിക്കുക അങ്ങനെ ഭാവന ചെയ്യാൻ ധ്യാനിക്കുക ഇവിടെ പറയുന്നു ഇത്തരം ഉപാസനകളും അത് ഫലാഗ്രഹം കൂടാതിരിക്കുകയാണെങ്കിൽ അത് ബുദ്ധിശുദ്ധിക്ക് കാരണമായി തീരും ബ്രഹ്മജ്ഞാനുപകരീതി യുക്തം മുഖ്യ അധികാരനത്തു അപവാദുപകരുഷക്കുറിച്ച് ഞാനുള്ള ആളാണെങ്കിലോ തത്വം ഞാനീ സംബന്ധിച്ചിടത്തോളം ഇതും കേവലം അപവാദത്തിനു വേണ്ടിയാണ് അപവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശരീരത്തിനും ഇന്ദ്രിയത്തിലും െല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മമാണ് അവിടെ ഇതിന് പ്രത്യേകിച്ച് സ്വതന്ത്രമായിട്ട് ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് എന്ന് സ്വതന്ത്രമായിട്ട് തത്തയില്ല എന്ന് പറഞ്ഞ് ഇതിനെ അപവദിക്കുന്നതിനു ഉപകരിക്കും അപ്പം ഉപാസന പലതരത്തിലാണ് ഈ തത്വത്തെക്കുറിച്ച് കേവലം അജ്ഞതയുള്ളവർക്കിത് പോലെ ഫലത്തിന് വേണ്ടി ആ ഫലത്തെക്കുറിച്ചും പറയും പിന്നെ ജിജ്ഞാസുവിനെ സംബന്ധിച്ചിട്ട് ചിത്തശുദ്ധിക്ക് വേണ്ടി തത്വനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം അപവാദത്തിന് വേണ്ടി ഇതല്ല പരമാർത്ഥം ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഇതല്ല സത്യം എന്ന് ബോധിക്കുന്നതിന് വേണ്ടി മധാനന്തരം ദേവി ദേവ്യോ ദേവീഷു ഭവ സമാജ്ഞന്റെ അടുത്തത് ഇനി ദേവി സമാജ്ഞയെ കുറിച്ച് ഉപാസനയെ കുറിച്ച് ദൈവികമായ ഉപാസനയെക്കുറിച്ച് ആന്തരികമായ ഭാവങ്ങളിലുള്ള ഉപാസന തൃപ്തിരീതി അനാദിദ്വാരേണ തൃപ്തി ഹേതുത്വ ബ്രഹ്മീവ തൃപ്തി ഉപാസ്യം തൃപ്തി ആനന്ദമുള്ളിൽ അനുഭവിക്കുന്നതാണ് അത് തൃപ്തിയായിട്ട് വൃഷ്ടി ഉപാസിക്കും എന്താ രണ്ടും പറയുന്നു ഇവിടെ അന്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അന്നത്തിന് കാരണമാണ് വൃഷ്ടി അപ്പോൾ വൃഷ്ടി അന്നത്തിനും മറ്റും കാരണമായി തൃപ്തിക്ക് അനന്ത ഹേതുവായിരിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് തൃപ്തിയാത്മന തൃപ്തിരൂപത്തിൽ വൃഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഉപാസിക്കുന്നു വൃഷ്ടി മഴ യഥാ തേനു തേനാത്മന ബ്രഹ്മി ഉപാസ്യം ഇനി പറയുന്ന എല്ലാ ഭാഗങ്ങളും അങ്ങനെ ബലമിരി വിദ്യുതി ബലം എന്ന വിധത്തിന് ഉപാസിക്കുന്നു യശയി പശിഷു യശ എന്ന് പറയുന്നത് മൃഗങ്ങളെ കാസിക്കുന്നു കാരണം അന്നത്തെ സമ്പത്ത് പശുക്കളും ആടുകളും മറ്റുമാണ് സമ്പന്നും ഞാൻ സമ്പത്തിലൂടെ അക്കൂർത്തി ഉണ്ടാകുന്നു അകൃത്തിക്ക് കാരണമാണ് എന്ന് ഞാൻ ജ്യോതിർതി നക്ഷത്രേഷു നക്ഷത്രങ്ങളിൽ ജ്യോതി അതിലെല്ലാം യശോരൂപത്തിൽ പ്രകാശിക്കുന്ന ബ്രഹ്മൻ തന്നെ ഉണ്ടാക്കുന്നത് വിദ്യുതി യശോരൂപേണ പശുഷു ജ്യോതിരൂപേണ നക്ഷത്രേഷു പ്രജാതിർ അമൃതം അമൃതത്വപ്രാപ്തി പുത്രേണ പ്രജാതിരമൃതം പുത്തി ലോകത്തെയും മറ്റും പ്രാപിക്കുന്നതിന് പുത്രമുണ്ട് കിരണവിമോക്ഷദ്വാരണത്തെ മോചിപ്പിച്ചിട്ട് പിതാവിന് പുത്രൻ പുതിർലോകത്തിലും മറ്റും എത്തിക്കുന്നു അതുകൊണ്ട് ആനന്ദസുഖം സർവം വസ്ത്രനിമിത്തം വസ്ത്രനിമിത്തമായിട്ടാണ് ആത്മനാഭിതമെത്തി പാസ്യം അവിടെയും ബ്രഹ്മമാണ് എന്ന് പാസിക്കുക സർവം ഹി ആകാശേ പ്രതിഷ്ഠിതം സർവം ആകാശത്തിൽ പ്രതിഷ്ഠിതമാണ് ആകാശത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപാസ്യം അതും ബ്രഹ്മം തന്നെയാണ് തച്ച ആകാശം അതുകൊണ്ട് ആകാശം ബ്രഹ്മം തന്നെയാണ് പ്രതിഷ്ഠാസ്യത അതുകൊണ്ട് ആകാശം തന്നെയാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് ബ്രഹ്മരൂപത്തിൽ ധ്യാനിക്കുക പ്രതിഷ്ഠാ ഗുണ ഉപാസനാ ഭവതി അവന് സ്ഥിരതയുള്ളവനായിത്തീരുന്നു തത്വത്തിൽ സ്ഥിരതയുള്ളവനായിത്തീരുന്നു പറഞ്ഞുണ്ടോ എന്താണോ ഉപാസകന്റെ താൽപര്യം ഇതുകൊണ്ട് ബ്രഹ്മഭാവനയാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ പ്രതിഷ്ഠിതനായിത്തീരുന്നു അതിൽ സ്ഥിരനായിത്തീരുന്നു ആന്തരികവും ബാഹ്യവുമായ എല്ലാ അനുഭവങ്ങളിലും ബ്രഹ്മഭാവന അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതും പൊർവിഷുവിദ്യ അധീനം ഫലം തദ്വാസന തദ്വാൻ ഭഗവതി ദ്രഷ്ടവ്യം അതുകൊണ്ട് ഏതേതെല്ലാം അതിനധീനമായ ഫലമുണ്ടോ അത് ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് എല്ലാ ഫലങ്ങളും ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് അതിന്റെ ഉപാസന കൊണ്ട് ആ ഫലത്തോടു കൂടി ഇവനായിത്തീരുന്നു യശസ്സോടു കൂടി ഇവനായിത്തീരുന്നു ബലത്തോടു കൂടി ഇവനായിത്തീരുന്നു ആനന്ദമുള്ളവനായിത്തീരുന്നു തൃപ്തി ഉള്ളവനാകുന്നു അങ്ങനെയുള്ള ഫലത്തോടുകൂടിവനായിത്തീരുന്നു ശ്രുത്യന്തിരാശാത്തം യഥാ യഥാ ഉപാസതേ തഥയോ ഭവതി ആത്മാവിനെ ഏതേ ദുരൂതിയിലാണ് ഉപാസിക്കുന്നത് അവൻ അതായിത്തീരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു തന്മഹത്യുപാസീത മഹോ മഹത്വ ഗുണവത്വുപാസീത മഹത്വ ഗുണത്തോടു കൂടിയതാണ് എന്ന് ഉപാസിക്കുക മഹാൻ ഭോതി അവൻ മഹാനായിത്തീരുന്നു ഉപാസകൻ തൻ മനയിൽ ഉപാസീത അതിനെ മനനം മനനമായിട്ട് അതിനുപാസിക്കുക മന മാനവാൻ ഭോതി മനനസമർത്ഥോഭോതി അവൻ മനനത്തിന് യോഗ്യനായിത്തീരുന്നു എന്തുകൊണ്ട് മനത്തിന് പ്രാപ്തി ഉണ്ടാകുന്നത് ബ്രഹ്മത്തിലൂടെയാണ് അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് മനനമായിരിക്കുന്നത് എന്ന് ഭാവന ചെയ്യുന്നു അവന് സാമർഥ്യമുണ്ടാകുന്നു അത് കൂടിയതാണെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സർവകാമങ്ങളും സർവഭോഗ്യ വിഷയങ്ങളും നമിക്കുന്നു അവനെ പ്രാപിക്കാൻ തയ്യാറാകുന്നു ൃഷ്ട്രമാതി <tod> അഗ്നിത്തി സമ്പർക്ക ഉപാസനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ കുറിച്ച് പറയും പഞ്ചദേവതകൾ വിദ്യു ദൃഷ്ടി ചന്ദ്രൻ ആദിത്യൻ അഗ്നി ഇതിന്റെ എല്ലാം വിലയത്തെ ഉത്പത്തിയെ ഭാവന ഞാൻ പറയുന്നുണ്ട് അപ്പോ സർവവും ബ്രഹ്മത്തെ പരിമരമായി സർവ്വവും ഏതെന്തിനാണോ വിലയിക്കുന്നത് അതായി ഉപാസിക്കുക വായു പരിമരഹ വായുവിൽ മറ്റുള്ളതെല്ലാം വിലയിക്കുന്നു സത്യേന്ദ്ര പ്രസിദ്ധേഹി വായും വായുരാകാശേ അതുപോലെ വായു ആകാശത്തിൽ വിലയിക്കുന്നു ആകാശ അനന്യകാശം ബ്രഹ്മ ആകാശം പരിമരമാണ് വായു ആത്മാനം ബ്രഹ്മുപാ സീത അതുകൊണ്ട് ആകാശത്തെ വായുരൂപത്തിലുള്ള ബ്രഹ്മത്തിന്റെ പരിമരമാണ് ബ്രഹ്മത്തിന്റെ അതായത് വായു ആകാശത്തിൽ വായുരൂപത്തിലുള്ള ബ്രഹ്മം അത് വിലയിക്കുന്നതാണ് ആകാശം എന്നിങ്ങനെ ഭാവന ചെയ്യുന്നു പരിയനം ഏവം വിധം പ്രതിസ്പർധിനോ ദുഷന്തോന്തോന് അതോ വിശേഷ്യന്പത്ന ഇവനെ ആശ്രയിക്കുന്നു ആര് ശത്രുക്കൾ കൂടി പരിയേനം പ്രതിസ്പർദ്ധിനോ ദുഷന്ത ശത്രുക്കൾ വിദ്വേഷിക്കുന്ന ശത്രുക്കൾ സപത്ന യതോ ഭവന്തിശേഷ്യന് സപത്നഹ ചെലപ്പ ശത്രുക്കൾ ദേഷിക്കാതിരിക്കാം ചിലപ്പോ ദേഷിക്കാൻ എപ്പോഴും ദേഷ്യം വരണമെന്നില്ല ദേഷിച്ചാലും ശരി രണ്ടു കൂട്ടരീം പറയുന്നു ി അവനെ അവനെ വിദ്വേഷിക്കുന്നവർ അവർ സ്വയം നശിക്കുന്നു പിഞ്ചേ അപ്രിയാഹ്യ ഭ്രാതൃവ്യാഹ അദ്ധ്യക്ഷന്തുജ പരിമ്രിയ അവന്റെ ശത്രുക്കൾ അവനെ നിരന്തരം ദ്വേഷിക്കാത്തവരായാലിശേ അവനോട് ശത്രുതയുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അവർ സ്വയം നശിക്കുന്നു ഉപാസകന്റെ ശത്രുക്കൾ ഉപാസകൻ അവരെ നശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല സ്വയം നശിക്കുന്നു അല്ലെങ്കിൽ അവന് കീഴടങ്ങുന്നു അന്നാദം വിത്യാരഭ്യ ആകാശാന്തസ്യ കാര്യ അന്ന അന്നാദത്വം ഉത്തം തൊട്ട് മുമ്പ് ഉപാസകയുടെ വിഭാഗങ്ങളെ കുറിച്ച് പരാമർശിച്ച് പറയണം അവിടെ അന്ന അന്നാദരൂപത്തിൽ എല്ലാത്തിനെയും അവിടെ വിശദീകരിച്ചു ഉക്തം നാമ കിം തേന തേന ഇത് സിദ്ധംഭൂതി കാര്യവിഷയവോധ്യ ഭതക സംസാരോ എന്ന അന്നാദരൂപത്തിൽ പറഞ്ഞത് എല്ലാം കാര്യത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഭോക്താവ് ഭോജ്യമായിരിക്കുന്ന സർവ്വം എന്താണ് കാര്യമാണ് അത് കാര്യത്തിലാണ് എന്ന ത്വാത്മനി സംസാരമില്ല മറിച്ച് അനുഭവപ്പെടുന്നതോ പറയുന്നു ആത്മനുഭ്രാന്തി രീതിയെ ഭ്രാന്തി കൊണ്ട് കല്പിക്കുകയാണ് ഇവിടെ പ്രാണനെ കുറിച്ച് പറഞ്ഞു ശരീരത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിനെ കുറിച്ച് ഇന്ദ്രിയങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു ഇതിനെയൊക്കെ ആശ്രയിച്ചുള്ള ഉപാസനകളെ കുറിച്ച് പറഞ്ഞു അന്നവും അന്നാദനായും ഇരിക്കുന്നു എന്നു പറഞ്ഞു പ്രാണനെയും ശരീരത്തെയും മറ്റും സംബന്ധിച്ചു ഇതെല്ലാം പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന എന്താണോ ഈ സംസാരം ഇതെല്ലാം സംസാരത്തെക്കുറിച്ചാണ് പറയുന്നത് ീത് ആത്മാവിലല്ല കുറച്ച് ആത്മാവിൽ ഇത് കല്പിതമാണ് ഉപാസനയുടെ ഫലത്തെയും പറഞ്ഞു തത്വജ്ഞനം സംബന്ധിച്ചിടത്തോളം ഇത് കേവലം നിഷേധത്തിന് ഉപകരിക്കുന്നുള്ളു ഇവിടെ പറയുന്ന ആ പരമാത്മ ഭാവനയിൽ സർവത്തെയും നിഷേധിക്കുന്നു അതേസമയം കാമികളായവർക്ക് ഈ ഭാവനയിലൂടെ അവരുടെ കാമങ്ങളെ പ്രാപിക്കാൻ കഴിയുന്നു പലതാണ് ഇതിന്റെ പ്രയോജനം പരമാർത്ഥത്തിൽ എന്താണ് ഇത് പറയുന്നതിന്റെ താല്പര്യം ഇതാണ് ഇതൊന്നും ആത്മാവിനില്ല ആത്മാവിന് കല്പിതമാണ് ആത്മാവി പരമാത്മന കാര്യം തസ്യ സംസാരീതി കാര്യത്തിലാണ് കാര്യവിഷയമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ചോദിക്കുന്നു അതങ്ങനെ ഈ ജീവാത്മാവ് പരമാത്മാവിന്റെ സൃഷ്ടിയാണല്ലോ കാര്യമാണല്ലോ അപ്പോ അതിന് സംസാരം വരാമല്ലോ അത് ശരിയല്ല പറഞ്ഞു പരമാത്മാവിന്റെ കാര്യമാണ് ജീവാത്മാവ് പറഞ്ഞു എന്തിനാണ് ജീവാത്മാ പറയുന്നത് ഈ ശരീരത്തിൽ ഇരിക്കുന്നതിന് ഈ ശരീരത്തിൽ ആരായിരിക്കുന്നത് അസംസാരി തത് സൃഷ്ടുവ ആ പരമാത്മാവാണ് അത് പ്രവേശിച്ചു പറയുന്നത് സംസാരി എന്നല്ല തദ് സൃഷ്ട്രാവശ്യ ആകാശാദി കാരണി അസംസാരനൈവ പരമാത്മാക്കാരിവേശു ശ്രൂയതേ ആകാശാദികൾക്കും കാരണമായിരിക്കുന്ന അസംസാരിയായ ആ പരമാത്മാവാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് പരമാത്മാവാണ് ഈ ശരീരത്തിൽ അല്ലാതെ പരമാത്മാവിൽ നിന്ന് വേറിട്ടൊരു സംസാരിയല്ല തസ്മ കാര്യാനുപ്രവിഷ്ടു ജീവ ആത്മാ പര ഇവ അസംസാരി അതുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് അത് പരൻ തന്നെയാണ് അത് അസംസാരിയാണ് എന്നുവെച്ചാൽ അത് ബന്ധമോക്ഷങ്ങളുള്ള ഒന്നല്ല പരമാത്മാവിന് ബന്ധമോക്ഷങ്ങളല്ല അതുകൊണ്ട് ഇതും അങ്ങനെയാണ് സംസാരിയല്ല നിത്യമുക്തമാണോ സൃഷ്ട അനുപ്രാവശ്യതി സമാനക്കടത്തൃത്തോ ഉപദേശ അവിടെ ഒരാളെ തന്നെ പറയുന്നത് എടുത്ത് പറയുന്നു അപ്പൊ സൃഷ്ടിച്ചവൻ തന്നെയാണ് അനുപ്രവേശിച്ചത് സൃഷ്ടിച്ചവൻ ആരാണ് പരമാത്മാവ് അനുപ്രവേശവും പരമാത്മാവ് തന്നെയാണ് അത് വേറിട്ടൊരു സംസാരി എന്നങ്ങനെ പറയാൻ പറ്റും ശ്രുതിക്ക് അനുസരിച്ച് സമാന കർത്തൃത്വം ആരാണോ സൃഷ്ടിച്ചത് അതയാൾ തന്നെയാണ് അനുപ്രവേശം നടത്തിയത് സർഗപ്രവേശക്രിയ ഏക കർത്ത സർഗപ്രവേശക്രിയേകർത്തും അതുകൊണ്ടവിടെ ക്വാപ്രത്യം യോജിക്കുന്നു പ്രവിഷ്ടഭാവാതാപത്തിരി പൂർവക്ഷ പറയുന്നു ശരിയാണ് പരമാത്മാവ് സൃഷ്ടിച്ചു ഈ ശരീരത്തെ എന്നിട്ട് അതിൽ പ്രവേശിച്ചു പക്ഷെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ അതിന് മാറ്റം സംസാരിയായി സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് പ്രവേശിക്കുന്നത് വരെ അസംസാരിയായിരുന്നു പ്രവേശിച്ച് ഈ ശരീരത്തിൽ വന്നപ്പോ അത് സംസാരിയായി എന്ന് പറഞ്ഞാലോ സർഗപ്രവേന്ന അത് ശരിയല്ല പ്രവേശ അന്യാർത്ഥത്തിന് പ്രത്യാഖ്യാതത്വ നേരത്തെ തന്നെ ഇതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു പ്രവേശിച്ചു പറയുന്നതിന്റെ താല്പര്യം വേറെയാണ് എന്താണ് താല്പര്യം പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഈ അവിടെ പറഞ്ഞു ബുദ്ധി ഗുഹയിൽ അത് ഉപലബ്ധമാകുന്നു എന്നു അല്ലാതെ പ്രവേശം വീട് വെച്ച് പ്രവേശിച്ചതുപോലല്ല ജീവന്റെ അന്ധക്കരണത്തിൽ അത് പ്രകാശിക്കുന്നു പ്രവേശത്തിന്റെ അർത്ഥം അതിനു വേണ്ടി ആണ് പ്രവേശം എന്തിനാ ഇവിടെ അതിനെ അറിയുന്നതിന് വേണ്ടി ഈ പ്രവേശിച്ചവൻ ഇവിടെ പ്രവേശിച്ചാൽ ഈ അന്ധക്കരണത്തിലൂടെ അതിനറിയാൻ കഴിയും അവന് ഉറക്കത്തിൽ അറിയാൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് പ്രവേശം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴല്ലോ അന്ധക്കരണത്തിൽ അതിന്റെ ഉപലബ്ധിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അനേന വിശേഷ ശ്രുതിർ ധർമാന്തരേണ അനുപ്രവേശിച്ചത് ചാന്തോക്യത്തിൽ വേറെ പറയുന്നുണ്ടാണ് അനേന ജീവേന ആത്മന എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ശരിയാണ് സൃഷ്ടനുപ്രാവശ്യം ആ പരമാത്മാവ് പ്രവേശിച്ചു പക്ഷെ ചാന്തോക്യത്തിൽ അങ്ങനെയുള്ള പറയുന്ന അനേന ജീവേന ജീവഭാവത്തിൽ പ്രവേശിച്ച വിശേഷ സ്വരദേഹിയെ ജീവത്വത്തെ ബോധിപ്പിക്കുന്ന സ്വതിയുണ്ട് അതുകൊണ്ട് ധർമാന്തരേണ അനുപ്രവേശ മറ്റൊരു ഭാവത്തിൽ സംസാരിയായി ഇതിൽ പ്രവേശിച്ചിരിക്കുന്നു കരുതിയാലോ നരിയല്ല തത്വമസീതി പുനഃ തദ്ദേഹം വീണ്ടും അവിടെ തന്നെ പറയുന്ന തത്വമസി അത് നീ തന്നെയാണ് ഏതാണോ ആ സൃഷ്ടിക്കുമ്പ് ഏകനായിരുന്നത് സത്തായിരുന്നത് ആ സത്ത് അതിനാണ് തത്ത് എന്ന് പറയുന്നത് ചാന്തോകൃത്തിൽ തമസി ഉപദേശിക്കുന്നതിന് മുമ്പ് പരാമർശിക്കുന്നത് തത്തനെയാണ് ആ തനെ എങ്ങനെ പരാമർശിക്കുന്നു അതിന് മുമ്പുള്ള ഭാഗം വായിച്ചു അവിടെ പറയുന്നു ആ സുഷുതൻ ഏതൊരുവാനാണോ സുഷുപ്തിയിൽ ഇതെല്ലാം വിട്ട് ആ പരമാത്മാവിനോട് ഏകീഭവിച്ചിരുന്നത് അത് അത് കഴിഞ്ഞിട്ട് പറയുന്നു തസത്യം സ്വപ്നം ജാഗ്രതാണ് സ്വപ്നമാണ് സൃഷ്ടി ആ സൃഷ്ടിക്ക് മുമ്പ് അത് ഏകനായിരുന്നു ഏകീഭാവത്തിലിരുന്നു ആ തത് അതാണ് ഈ ജാഗ്രതയിലിരിക്കുന്ന ത്വം എന്ന് പറയുന്നു പുനതദ്ഭാവത്തെ അപ്പം തദ്ദേവത്വം എന്ന് എന്നെ പറയുന്നു അതുകൊണ്ട് സൃഷ്ടിക്കും ഏതായിരുന്നു അത് തന്നെയാണ് ശേഷം സൃഷ്ടിയിൽ ഏതായിരുന്നു എന്നുള്ളതെന്ന് അത് ഭാവാതരാപന്നീവത്തെ തപോഹാർഥ സമ്പതി ശരി എന്ന അങ്ങനെ പറഞ്ഞ തത്വമസ്യ എന്ന് പറയുന്ന ഒരു ഉപാസനയാണ് ഒരു ഭാവനയാണ് തത്വമസ് എന്ന് പറയുന്നൊരു ധ്യാനമാണ് ധ്യാനം എന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് അത് ജീവേനാത്മന ജീവാത്മഭാവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു കുറച്ച് പറയണം ഭാവാതരാപന്നം മാറ്റം സംഭവിച്ചു ുമ്പത് പരമാത്മാവ് തന്നെയായിരുന്നു പക്ഷെ വാസ്തവത്തിലൊരു മാറ്റം അവന് സംഭവിച്ചു സംസാരിച്ചു അതിനെ നീക്കണം ആ മാറ്റത്തെ നീക്കുന്നതിന് വേണ്ടി തപ്പോ അത്ര അപോഹാർഥ അതിനെ വേണ്ടി സമ്പദ് ഉപാസനയും ഞാനും തുമ്പിലുള്ള വ്യത്യാസം ഇവിടെ കൽപ്പിതമായതിനെ നീക്കുന്നതിന് ജ്ഞാനത്തിന് സാധ്യമാവും വാസ്തവത്തിലുള്ളതിനെ നീക്കുന്നതിന് ജ്ഞാനത്തിന് കഴിയത്തില്ല ഒന്ന് സത്യമാണെങ്കിൽ ഞാനും കൊണ്ട് അവിടെ യാതൊരു പ്രയോജനവും വ്യാവഹാരികമായ സത്യത്തെ തന്നെ എടുക്കാം അഗ്നി ഉഷ്ണമാണ് വ്യാവഹാരിക സത്യമാണ് ഇത് ശീതമാണെന്നുള്ള ഞാനും കൊണ്ട് അതിൻ്റെ ഉഷ്ണത മാറത്തില്ല അത് മാറത്തില്ല സ്വർണം സ്വർണ്ണമാണ് വെള്ളി വെള്ളിയാണ് അസയും മുത്തി വെള്ളി അത് വെള്ളിയല്ല ആ വെള്ളി മാറിപ്പോകുന്നു എന്തുകൊണ്ടത് അസത്യമായിരുന്നു അപ്പൊ ജ്ഞാനം കൊണ്ട് അസത്യത്തിനെ മാറ്റി സംഭവിക്കും സത്യത്തിന് മാറ്റം സംഭവിക്കത്തില്ല കുറച്ച് ഉപാസന കൊണ്ടാണെങ്കിലോ അത് സാധിക്കും ഉപാസന കൊണ്ട് ഇവിടെ വ്യാവഹാരികമായ സത്യമേ ദൃഷ്ടാന്തമായിട്ടും ഉള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും മനസ്സിൽ മാലിന്യങ്ങളുണ്ട് ഉപാസന ഉണ്ട് ആ മാറ്റുന്നു മനസ്സിന് ഏകാഗ്രതയില്ല ഉപാസന ഉണ്ടായ ഏകാഗ്രതയെ കൈവടുത്തുന്നു ഇനി ഉപാസന കൊണ്ട് ഫലങ്ങളെ സൃഷ്ട നേടുന്നു സ്വർഗാദിഫലങ്ങളെ നേടുന്നു ഉപാസന കൊണ്ട് ഉപാസനം കൊണ്ട് വ്യാവഹാരികമായി അതുകൊണ്ട് ആദ്യം പരമാത്മാവ് പിന്നീട് ജീവഭാവത്തെ പ്രാപിച്ചു തഥോഹാർത്ഥ ആ ജീവഭാവത്തെ നിഷേധിക്കുന്നു സമ്പദ് ദരണം പറയുന്നെന്താണ് അഴുക്ക് പിടിച്ച ഒരു വസ്തു അതിനെ തേച്ച് കഴിഞ്ഞാൽ അഴുക്ക് മാറുന്നു അതുപോലെ അതിനെ തേച്ച് അഴുക്ക് മാറ്റുമ്പോൾ വസ്തു പ്രകാശിക്കുന്നു അതുപോലെ ഉപാസന കൊണ്ട് ഈ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞാൽ അത് പ്രകാശിക്കും ധ്യാനോപാസനയാണ് ധ്യാനം കൊണ്ട് സാക്ഷാത്രികാൻ പറയുന്നു എന്ന് പറയുന്നത് എന്താണ് ധ്യാനം കൊണ്ട് അന്ധകരണത്തിൽ പ്രത്യേകമായ ഗുണത്തെ ഉണ്ടാക്കുന്നുണ്ടാകുമ്പോൾ ആ അന്ധകരണം കൊണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു ഇതൊക്കെ ഉപാസനയിലൂടെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഉപാസനയെ കുറിച്ചല്ല പറയുന്നത് അതാണ് ഭാവാതരാപന്യസി ബോഹാർത്ത ഭാവാന്തരത്തെ പ്രാപിച്ച സംസാരിത്വത്തെ പ്രാപിച്ച ആ ജീവാത്മാവിന്റെ തഥ ബോഹാർത്ത ആ സംസാരിത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഉപാസന എന്ന് പറഞ്ഞാലോ എന്നാ തത്വമസിപാസനയല്ല അത് തത്വജ്ഞാനമാണ് തത്വമസി കേവലം അർത്ഥഭാവനയെ ആവർത്തിക്കേണ്ട ഒന്നല്ല എന്നാലത് ഉപാസനയാവും സ സത്യം സ ആത്മാ തത്വമസി സമാനാദിക കണാവിന് തത്വമസിന്ന് പറയുന്നിടത്ത് പറയുന്നു ആത്മാ അത് സത്യമാണ് എന്ന് പറയും സത്യമല്ലാത്തതു കൊണ്ട് തന്നെ സത്യമല്ലാത്തതിലെ ഉപാസന സംഭവിക്കുക സത്യത്തിൽ ഉപാസനയ്ക്ക് പ്രസക്തിയില്ല സമാനാധിക ഉപാസന ഫലത്തെ ഉണ്ടാക്കുന്നു ആത്മാവിൽ അതൊരു ഫലത്തെ ഉണ്ടാക്കുന്നില്ല ആത്മാ ഉപാസനയ്ക്ക് വിഷയമല്ല ഭൗതികമായ ബാഹ്യമായ വിഷയങ്ങളിൽ ഉപാസന ഫലത്തെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അത് ശരിയല്ല തത്വംസ്യ ഉപാസനയ്ക്ക് വേണ്ടിയാണ് അത് ശരിയുള്ള വിനോ വീണ്ടും പുറൂഷന് ഉദ്ദിഷ്ടം ജീവസ് സംസാരിത്വം ജീവന്റെ സംസാരിത്വവും സ്വാനുഭവമാണല്ലോ ജീവൻ സംസാരിയല്ല പറഞ്ഞാൽ ചോദിക്കുന്നു ഓരോ ജീവനും സ്വാനുഭവത്തിൽ അറിയുന്നു താൻ സംസാരിക്കണം പ്രത്യക്ഷമാണോ ഉപലബ്ധു അനുപലഭ്യത്വ ആരാ അറിയുന്നത് താൻ സംസാരിക്കണം ഉപലബ്ധാവ് ആരാണോ വാസ്തവത്തിലുള്ള താൻ അതിനാരെങ്കിലും അറിയുന്നുണ്ടോ അനുപലഭ്യത്വ ജീവന് സംസാരിത്ത സ്വാനുഭവം എന്ന് പറഞ്ഞു ആർക്കനുഭവം സംസാരിക്കും ആരാണത് ഞാൻ തന്നെ നിന്ന് നീ അറിയുമോ എന്നാണ് ആരാണ് നീ ഉപലബ്ധാവ് അതിന് വിശദീകരിക്കാൻ കഴിയുമോ ശരീരമൊന്നോ മനസ്സൊന്നോ ബുദ്ധിയൊന്നോ പറയാം സംസാരധർമ്മവിശി ഉപലബ്ധി തിരിച്ച് പറയുന്നു അറിയാം ഒരുപക്ഷെ പറയുന്നു സംസാരധർമ്മ വിശിഷ്ടമായ ശരിയാണ് ശുദ്ധമായ ഉപലബ്ധാവ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന സാക്ഷിയുടെ അനുഭവം ഇല്ലെങ്കിലും സർവകർമ്മസാക്ഷി സർവജ്ഞാന അതിന്റെ അനുഭവം ഇല്ലെങ്കിലും സംസാര ധർമ്മവിഷിഷ്ട സുഖ ദുഃഖാദിവിശിഷ്ട എങ്ങനെ ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഈ രൂപത്തിൽ ആത്മവലഭ്യത ആത്മാവ് ഉപലബ്ധമാകുന്നുണ്ട് അദ്വൈതി ഒഴികെ മറ്റാർക്കും ഇങ്ങനെ ആത്മാവ് ഉപലബ്ധമാകുന്നില്ല അസംസാരിയായി മറിച്ച് സംസാരത്തോടുകൂടി ഉപലബ്ധമാകുന്നു പറയുന്നു അത് ശരിയല്ല ധർമ്മണം ധർമ്മണി കർമ്മത്വനുപത്തെ ധർമ്മവും ധർമ്മയും തമ്മിലൂടെ അദ്വൈതത്തിൽ ഭേദമല്ല ഒന്നല്ല അപ്പൊ തനിക്ക് തന്നെ അറിയാൻ കഴിയില്ല സംസാര ധർമ്മവിശിഷ്ടമായ തന്നെ തനിക്ക് അറിയാൻ കഴിയത്തില്ല ഒരു പുസ്തകം അതിന്റെ രൂപം കളർ അത് വേർതിരിക്കാൻ പറ്റില്ല പുസ്തകം ധർമ്മിയാണ് അതിന്റെ കളർ വെളുത്തു ധർമ്മമാണ് ഈ കളറിൽ നിന്ന് പുസ്തകത്തെയോ പുസ്തകത്തിൽ നിന്ന് കളറിനെ വേർതിരിച്ച് ഇത് പുസ്തകമാണ് ഇത് കളറാണ് എന്ന് പറയാൻ കഴിയുന്നില്ല അത് സാധ്യമല്ല അതുകൊണ്ട് സംസാര ധർമ്മവിശിഷ്ടമായ നവലഭ്യത എന്ന് പറയുന്നത് ശരിയല്ല ധർമ്മനോ അഭിതരിക്കാൻ അദ്വൈതത്തിന്റെ മതം അതാണ് ധർമ്മങ്ങളെല്ലാം ധർമ്മിയോട് അഭിന്നമായിരിക്കുന്നു എങ്ങനെയാണോ ഉടം മണ്ണിനോട് അഭിന്നമായിരിക്കുന്നത് എങ്ങനെയാണോ ആഭരണങ്ങൾ സ്വർണത്തോട് അഭിന്നമായിരിക്കുന്നത് അതുപോലെ ധർമ്മങ്ങളെല്ലാം ധർമ്മിയോട് അഭിന്നമായിരിക്കുന്നു അതുകൊണ്ട് അദ്വൈത മതമനുസരിച്ച് അതും പറയാം ്രകാശിയോർ ദാഹി പ്രകാശ്യത്വ അനുപത്തിവ ത്രാസാദി ദർശന ദുഃഖിത്വ അനുമീയ ആത്മാവ് ദുഃഖിയാണ് സുഖിയാണ് അത് അനുഭവമാണ് അവളാണ് സംസാരി എന്ന് പറയുന്നത് അങ്ങനെ ത്രാസാദി ദർശന ത്രാസംഭയവും മറ്റും കാണുന്നുള്ളോ അനുഭവിക്കുന്നുണ്ടല്ലോ സൂതുപ്പാദികൾ അനുഭവിക്കുന്നുണ്ടല്ലോ ഉഷ്ണപ്രകാശ്യവർ ദാഹ്യപ്രകാശ്യത്വ അനുഭവത്തിവ ഉഷ്ണത്തിന് തന്നെ തന്നെ ചൂടാക്കാൻ കഴിയില്ല പ്രകാശത്തിന് തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല ദാഹ്യപ്രകാശിത്വാനുപത്തിയു ത്രാദി ദുഃഖ ദർശനം ഭയം തുടങ്ങിയ അനുഭവപ്പെടുന്നുണ്ട് ദുഃഖം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് സുഖം അനുഭവപ്പെടുന്നു സുഖി ദുഃഖി ന ത്രാസേ ദുഃഖസി ഉപലഭ്യമാനത്വം അന്നോത്ര ഉപലബ്ധർമ്മത്വം പറയുന്നുങ്ങൾ പറഞ്ഞത് ശരിയാണ് ഭയവും ദുഃഖവും മറ്റും അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നതിന്റെ തന്നെ നല്ലത് അനുഭവിക്കുന്നവന്റെ ധർമ്മമല്ല പുസ്തകത്തിന്റെ രൂപം അനുഭവപ്പെടുന്നുണ്ട് വെളുത്ത നിറം അത് കാണുന്നവന്റെ ധർമ്മമല്ല പുസ്തകത്തിന്റെ ധർമ്മമാണ് അതുപോലെ ത്രാസം ദുഃഖം തുടങ്ങിയവ ഉപലഭ്യമാണ് അതുകൊണ്ട് ഉപലബ്ധ്ര ധർമ്മമല്ല കപില കാണാതാതി തർക്കശാസ്ത്ര വിരോധീരിച്ച് പക്ഷേ കപലനും കാണാതെയും ഒക്കെ പറയുന്നു ആത്മാവിന്റെ ഏകവും പറഞ്ഞു ആത്മാവിൽ ദുഃഖമുണ്ടെന്ന് പറയുന്നു ആത്മാവിൽ സുഖമുണ്ടെന്ന് പറയുന്നു ആത്മാവിൽ ജ്ഞാനമുണ്ടെന്ന് പറയുന്നു പറയുന്നു അതൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും തേശാം മൂലാഭാവി അവർക്ക് പ്രമാണമില്ല വേദവിരോധ വിരോധിച്ച ഭ്രാന്തൂപത്തി വേദത്തിന് അവർ വിരോധികളാണ് അതുകൊണ്ട് ഒരു ഭ്രാന്തന്മാരാണ് ശ്രുതി ഉപപത്തിഭ്യാം സിദ്ധമാന അസംസാരിത്വം ഏകത്വാ ശുതി ഉപപത്തികളിലൂടെ സിദ്ധമാകുന്നു ആത്മാവിന്റെ അസംസാരിത്വം അത് മാത്രമല്ല അത് ഏകമാണ് പല ശരീരങ്ങളിൽ ഒന്ന് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഏകമാണ് അതുകൊണ്ട് ആത്മാവിന്റെ അസംസാരിത്വം സിദ്ധമായി അത് മുമ്പ് ഇതെല്ലാം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഒന്നുകൂടി അത് ആവർത്തിച്ചേ ഉള്ളൂ പറയുന്ന പ്രധാന കാര്യം എന്താണ് ആത്മാവ് സംസാരിയാണെന്ന് പ്രത്യക്ഷത്തിലൂടെയോ അനുമാനത്തിലൂടെയോ സമർത്ഥിക്കാൻ സാധ്യമല്ല അനുഭവങ്ങളുണ്ടല്ലോ സുഹൃത്തുക്കാദികളോടുകൂടി താനിരിക്കുന്നു എന്നുള്ള അനുഭവം അതുണ്ടെങ്കിലും അത് വാസ്തവമല്ല അനുഭവങ്ങൾ മുമ്പ് പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞത് ആരോപിതമാണ് ആരോപിതമായ രീതിയിൽ സുഖ സുഖ ദുഃഖാദികളെല്ലാം ആത്മാവിൽ ഇരിക്കുന്നു എന്നല്ല അതെ വാസ്തവത്തിൽ അതല്ല അതുകൊണ്ട് ആത്മാവിന് സംസാരമില്ല അതാണ് സമർപ്പിക്കുന്നത് ശരിയായ തത്വജ്ഞാനം അതാണ് ആത്മാവിന് സംസാരം ഉണ്ടായിരുന്നു അത് മുക്തമായി എന്ന് പറയുന്ന നല്ല അതല്ല മുക്തി മുക്തി എങ്ങനെയാണ് ഒത്തിരി കാലത്തിലും താൻ മുക്തനായിരുന്നു അതാണ് മുക്തി ഇതുവരെ താൻ അച്ഛനായിരുന്നു ഇപ്പോൾ തത്വജ്ഞാനം കൊണ്ട് മുക്തനായി എന്നല്ലും താൻ മുക്തനായിരുന്നു അതാണ് അത് പറയുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് കഥ വേഗത്തി മിത്തിച്ചിരേ എങ്ങനെയാണ് ഏകത്വം വരുന്ന സ്വയച്ഛായും പുരുഷാധുവാസിണോ ഈ പുരുഷനിരിക്കുന്നത് അവൻ തന്നെയാണ് ആദിത്യനിൽ അവനേകനാണോ ഏകത്വം എങ്ങനെ സിദ്ധിക്കും പറയുന്നു ഇതെല്ലാം പഴയ മനസ്സിലാക്കണം സർവീ അസ്മാൻ ലോക ഏദം വിജ്ഞാനമയമാത്മാനുസംഗ്രമ്യ ഏദമാനന്ദമയമാത്മാനുസ്രമ്യോകാൻ കാമൂ ഞ്ചരൻ ഏതാമെ അന്നമയാതിക്രമേണാനന്ദമയം ആത്മാനുസംക്രമ്യ ഇതിനെല്ലാം ബാധിച്ചിട്ട് സംക്രമിക്കുക എന്ന് വെച്ചാൽ അതിനെല്ലാം ബാധിച്ച് ആനന്ദമയം വരെ ഉള്ള സ്വരൂപത്തെ ബാധിച്ച് എന്താണ് ഏത് സാമഗായനാസ്തി അവനന്ദ ചെയ്യുന്നു ഈ സാമഗാനം ചെയ്യുന്നു ഇതിനെല്ലാം ബാധിച്ചിട്ട് അവൻ സമാധാനത്തെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചു തദ്വർ ആനന്ദവല്യാശുനി സർവാൻ കാമാൻസ ബ്രഹ്മണ യുഗസ് ഫലഭജന വിസ്തരോക്ത സത്യജ്ഞാനന്ദ്ര വ്യാഖ്യാനിച്ചു ഇനി അതിന്റെ വ്യാഖ്യാന രൂപത്തിലാണ് ആനന്ദവല്ലി വരുന്നത് അവിടെ പറഞ്ഞു സ അശ്വനിക സർവാൻ കാമാൻ സഹബ്രഹ്മണ ഉപാസകൻ സർവകാമങ്ങളെയും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അതിന്റെ എന്തൊക്കെ പ്രാപിക്കുന്നു വിസ്തരിച്ചത് പറഞ്ഞില്ല കേഷയാ വാ സർവേ എന്തൊക്കെയാണ് ആ കഥും ബ്രഹ്മത്തോടെങ്ങനെ ആ കാമത്തെ പ്രാപിക്കുന്നു വക്തമ്യമുതി അതുകൊണ്ട് ആ കാമങ്ങളെ വർണ്ണിക്കാൻ ഇനിയുള്ള ഭാഗങ്ങൾ തത്വത്തെ മുമ്പ് കഴിഞ്ഞു തത്ര പിതാ പുത്രാഖ്യായികായം പൂർവ വിദ്യാശേഷഭൂതായാം തപോ ബ്രഹ്മവിദ്യാ സാധനം എന്താണോ പിതാ പുത്രാഖ്യായികളുള്ള ഇവിടെ വിദ്യയുടെ അംഗമായി തപസ്സാണ് ബ്രഹ്മവിദ്യക്ക് സാധനം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഏകാഗ്രതയുള്ള മനന അതാണ് തപസ് മനസ് ഇന്ദ്രിയാണെ ഏകാഗ്രം ബ്രഹ്മം തപ നേരത്തെ പറഞ്ഞു അത് പറഞ്ഞു പ്രാണാതിരാകാശാന് അന്ന അന്നാദത്വനു വിനിയോഗ അതിനെങ്ങനെ ഭാവന ചെയ്യണമെന്നും പറഞ്ഞു അതിന്റെ ഉപയോഗം എന്താണ് പ്രാണൻ തുണി ആകാശം വരെയുള്ള മുമ്പ് വിസ്തരിച്ചതിനെല്ലാം അന്ന ഉപാസിക്കാൻ പറഞ്ഞു ബ്രഹ്മവിഷയ ഉപാസന അവസാനം എന്താണോ മാനുഷി ദേവി രണ്ടു തരത്തിൽ ബ്രഹ്മത്വത്തിന് ഉപാസിക്കാൻ പറഞ്ഞു തേജ സർവേ കാമ പ്രതി അനേക സാധന സാധ്യ ആകാശവാദി കാര്യഭേദവിഷയായത് ദർശിത ആ കാമങ്ങൾ എന്താണ് അനേക സാധനം സാധ്യമായതാണ് അതിന്റെ പിന്നിൽ അനേക നിയമങ്ങളുണ്ട് അതിനെ പ്രാപിക്കുന്നതിന് അത് ആകാശവാദി കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഏകത്വ പുനഃ കാമകാമിത്വനു അവിടെ കാമകാമിത്വമില്ല ഭേദജാത സർവസ്യാത്മഭൂത്വം അതെന്തുകൊണ്ട് സർവഭേദവും ആത്മഭൂതമാണോ അവിടെ കാമനകൾ ഉണ്ടോ തത്ര കഥവത് ബ്രഹ്മസ്വരൂപേണ സർവാൻ കാമാനയും സമസ്വനീക്ഷേ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മസ്വരൂപത്തിൽ കാമനങ്ങളെല്ലാം പ്രാപിക്കുമെന്ന് അങ്ങനെ പറയാൻ പറ്റും ഈ ഉപാസകൻ അവസാനം സർവകാമനങ്ങളെയും ബ്രഹ്മരൂപത്തിൽ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ശരിയാകുന്നു പറഞ്ഞതിന് വിനോദം വരുമല്ലോ പറയുന്നു സർവാത്മത്വ ആപത്തി സർവാത്മത്വം കൊണ്ട് സാധിക്കും സർവ്വകാമങ്ങളെയും പ്രാപിക്കുന്നു പറഞ്ഞാൽ അവൻ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു കഥം സർവാത്മത്വാപത്തി എങ്ങനെയാണ് സർവാത്മത്വം പറയുന്നു പുരുഷാദി പുരുഷ ആദിത്യ ആത്മീകത്വ വിജ്ഞാനീന ഉത്കർഷാപകർഷ വൻ നം ത്മനോവിദ്യകൾ കമേണ സംഗ്ര സത്യജ്ഞാനം ബ്രഹ്മ ദൃശ്യമസ്വാഭാവികമൃതമദ് ഫലഭൂതമാപ്പന്ന ലോകാൻ ഭൂരാദീൻ അനസഞ്ചരനിബന്ധാ പുരുഷാദിത്യ ആത്മീകത്വ വിജ്ഞാനേന പുരുഷനും ആദിത്യനും ആത്മാവ് ഒന്നു തന്നെ എന്നുള്ള ജ്ഞാനം കൊണ്ട് അപ്പോ ഹി ഉത് ഉത്കർഷാപകർഷങ്ങളെയെല്ലാം നിഷേധിച്ചു അതിലിരിക്കുന്ന ആദിത്യലിരിക്കുന്ന പുരുഷൻ ശ്രേഷ്ഠ പരമാത്മാവ് ശ്രേഷ്ഠനാണ് താൻ അല്പനാണ് എന്നുള്ള ഉത്കർഷാപകർഷകളെല്ലാം നിഷേധിച്ച് അന്നമയാദി ആത്മനോദി ഇവിടെ പറഞ്ഞ അന്നം പ്രാണമനോ വിജ്ഞാനം ആനന്ദം ഈ ക്രമത്തിൽ പറഞ്ഞ ഇവ അവിദ്യ പരികൽപിതാൻ അവിദ്യാകൽപിതമാണോ ക്രമേണ സംക്രമ്യതിനെല്ലാം ബാധിച്ച് ആനന്ദമയാന്താൻ ആനന്ദമയാന്തമായ ഇതിനെല്ലാം നിഷേധിച്ച് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ ബ്രഹ്മസത്യം ഞാൻ ആനന്ദ രൂപത്തിലുള്ളതാണ് അദൃശ്യാദി ധർമ്മകം അദൃശ്യാദി ധർമ്മത്തോടുകൂടി ഇതാണ് സ്വാഭാവികം സ്വാഭാവികമാണ് ആനന്ദം അജം അമൃതം അഭയം അദ്വൈതം ഇതുതന്നെയാണ് ഫലഭൂതമാപന്ന അങ്ങനെയാണ് ഈ സർവാത്മഭാവത്തിൽ കാണുന്നെന്ന് പറയുന്നത് ഈ ഫലാരൂപത്തിലിരിക്കുന്ന ഈ ബ്രഹ്മം തന്നെയാണ് ഏത് ലോകത്തിലായാലും ഏത് ഫലരൂപത്തിലായാലും ബ്രഹ്മം തന്നെയാണ് ഇമാൻ ലോകാൻ ഭൂരാദീൻ അനുസഞ്ചരൻ എന്നവൻ ധരിക്കുന്നു ബ്രഹ്മൻ തന്നെയാണ് ഫലമായിരിക്കുന്നത് എന്ന് അറിയുന്നതുകൊണ്ടാണ് അവൻ സർവലോകത്തിലുള്ള കാമങ്ങളെ സർവത്ര സഞ്ചരിച്ച് അനുഭവിക്കുന്നുവെന്ന് പറയുന്നു എന്തുകൊണ്ട് സർവത്ര അവന് ബ്രഹ്മദൃഷ്ടിയാണ് അതുകൊണ്ട് പറഞ്ഞു സർവ ലോകങ്ങളിലും അവൻ സഞ്ചരിച്ചു സർവലോകങ്ങളിലെയും കാമങ്ങളെ അനുഭവിക്കുന്നു അല്ലാതെ ഒരു ലോകത്ത് പോയി കാമനുഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ബ്രഹ്മൻ തന്നെയാണ് സർവ്വ കാമ വസ്തുവുമായിരിക്കുന്നത് എന്നുള്ള ബോധം കൊണ്ട് പറയുന്നു കാമാന്യീ ഇമാൻ ലോകാൻ ഇവിടെ പറഞ്ഞു ഏതമാനന്ദമയമാത്മാനു ഇമാൻ ലോകാൻ കാമാന്യീ കാമ്യനുസഞ്ചരൻ കാമതോ അന്നമേശേതി കാമാരൂപി അവന് ഈ വിരാട് അന്നു പറഞ്ഞ കേവല ശരീരം മാത്രമല്ല വിരാട് അവൻ സർവത്തെയും കാമിച്ചവനാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു സർവ്വകാമനകളെയും അവൻ അനുഭവിക്കുന്നു അതിനുവേണ്ടി അവൻ കാമരൂപത്തെ സ്വീകരിക്കും നാനാ രൂപത്തെ സ്വീകരിക്കും നാനാഭാവത്തിലിരിക്കുന്നു എന്നാണ് ഒരു പരമാത്മാവ് തന്നെ ഈ സർവത്തെ സൃഷ്ടിച്ചു നാനാരൂപത്തിലിരുന്നു കൊണ്ട് സർവ്വത്തിലൂടെയും ആനന്ദത്തെ അനുഭവിക്കുന്നു അനുസഞ്ചരൻ സർവാത്മന അസ്മാൻ ലോക ആത്മത്വന അനുഭവൻ അവൻ സർവത്ര സഞ്ചരിക്കുന്നു എങ്ങനെയാ സഞ്ചരിക്കുന്നു കയ്യും കാലം കൊണ്ട് സഞ്ചരിക്കണമല്ല മനസ്സ് സർവാത്മ സർവാത്മഭാവത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല സർവാത്മഭാവത്തിൽ അസ്മാൻ ലോകാന് ആത്മത്വന അനുഭവം ഈ ആത്മാവായി കണ്ടുകൊണ്ട് മനുഷ്യാണ് സഹസ്രേഷു എന്ന് പറഞ്ഞ സഹസ്ര മനുഷ്യരിൽ ഒരുവന് അങ്ങനെ അനുഭവം ഉണ്ടാകുന്നു സർവത്തിലും യും താനായി കണ്ട് കാണുന്നത് തന്നെയാണ് അനുഭവം അവനീ സമത്വ ഗാനം ചെയ്യുന്നത് ആത്മാനുഭവത്തിൽ നിന്നുണ്ടായിരിക്കും സമത്വ ബ്രഹ്മിവസാമ സർവ അനന്യരൂപം ഗായത്രി ഗായൻ ശബ്ദേൻ ആത്മീകത്വം പ്രഖ്യാപയൻ ലോകാനുഗ്രഹാർത്ഥം തദ്ജ്ഞാനഫലം അതീവ കൃതാർത്ഥത്വം ഗമ്യനാസ് ഇവിടെ സാമം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മം തന്നെയാണ് സമത്വ ബ്രഹ്മ സർവാനന്യരൂപം അതുകൊണ്ട് സമമായി സർവ്വ അനന്യമായിരിക്കുന്നു അതിനെ ഗാനം ചെയ്തുകൊണ്ട് ശബ്ദൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്തു പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ആത്മീയത്വത്തെ അവൻ ബോധിപ്പിച്ചുകൊണ്ട് എന്തിന് പ്രഖ്യാപനുഗ്രഹാർത്ഥം മറ്റ് ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി താൻ എങ്ങനെയാണോ അനുഗ്രഹീതനായിത്തരുന്നത് അതുപോലെ ലോകവും ലോകവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് കരുതി ആ തത്വത്തെ വിളംബരം ചെയ്തുകൊണ്ട് തദ്വിജ്ഞാനഫലം അതീവ ആ വിളംബരം ചെയ്തുകൊണ്ട് അതീവ കൃതാർത്ഥത്വം അവൻ അതീവ കൃതാർത്ഥനായിത്തീരുന്നു സന്തോഷത്തിലാണ് മനുഷ്യൻ പാടുന്നത് അതീവ കൃതാർത്ഥനായതുകൊണ്ട് ഗായന് ആസ് അവനെ ഗാനം ചെയ്യുന്നവനായി പറയുന്നു ഇത് അവന്റെ ഗാനമാണ് അടുത്ത് പറയുന്നു ഹാ ഉ ഹാ ഉ ഇത് ഹാ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ കണ്ടിട്ട് അച്ഛന് വേറും പറയുന്നു ഹാ അത് അഹോ ഇത്യേതസ്മിന്റെ അർത്ഥം അത്യന്ത വിസ്മയഖ്യാപനം അത്യന്ത വിസ്മയത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഹാവ് കപ്പിനെ രസവും എന്താണ് ഇവന്റെ വിസ്മയം അദ്വൈതാത്മാവ് നിരഞ്ജനോ വിസൻ ഇതാണ് വിസ്മയം അവന്റെസ്വയം വിസ്മയിക്കുന്നത് അദ്വൈതമായ ആത്മാവ് നിരഞ്ജനമാണ് കളങ്കരഹിതനാണെങ്കിലും അഹമേവ അന്നമ അന്നാദ നീണ്ടും അന്നവും അന്നാദനായും ഇരിക്കുന്നു താൻ തന്നെ അത്താവും മതിക്കുന്നവനുമായിരിക്കുന്നു പിൻ അഹമേവ ശ്ലോകം ഞാൻ തന്നെയാണ് ശ്ലോകവും മാമ അന്ന അന്നാദേശ്യകർത്തേതനാവാൻ ഞാൻ തന്നെയാണ് ആ ശ്ലോകം എന്ന് പറഞ്ഞാൽ അന്നഅന്മാരുടെ സംഘാതമാണ് അതിന്റെ കർത്താവായിരിക്കുന്നു ഞാൻ തന്നെയാണ് േതനാവാൻ ചേതൻ എന്നാണിതുണ്ടായത് എന്നവൻ അറിയുന്നു തന്റെ ചൈതന്യത്തെ അവൻ അങ്ങനെ സാക്ഷാത്കരിക്കുന്നു അല്ലെങ്കിൽ സംഘാതകൃത് അന്നം പരാർത്ഥമാണ് അന്നാദന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അനേകാത്മകർത്ഥിക സംഘാതകർ ആയ അന്നം അങ്ങനെ അറിയുന്നു വിസ്മയഖ്യാപനം മൂന്നുകൊണ്ട് പറഞ്ഞാൽ അവന്റെ ആശ്ചര്യത്തിൽ വെളിപ്പെടുത്താൻ അഹമസ്മി ഭമി ഞാനാകുന്നു എന്താണ് പ്രഥമജ പ്രഥമജ പ്രഥമോത്പന്ന വിരാട് ഞാൻ തന്നെയാണ് സത്യസ്യ മൂർത്താമൂർത്ത ജഗതു ദേവീഭ്യസപൂർവം അമൃതസ്യ അമൃതത്വസ്യനാഭിർ മധ്യം മത്സംസ്ഥം അമൃതത്വം പ്രാണി നാം അമൃതസ്യ സത്യസ്യ മൂർത്താമൂർത്തമാണ് സത്യമാണ് അത് മൂർത്താമൃത്തമാണ് ജഗത് ദേവീ ഭീഷപൂർവ്വം ദേവന്മാർക്കും പൂർവമുള്ളതാണ് അമൃതസ്യ നാഭിർ അമൃതാഭിമ്യം മത്സംസ്ഥം അമൃതത്വം എല്ലാരാണ് സ്വപ്രാണികളുടെയും അമൃതത്വ സ്ഥിതി ചെയ്യുന്നറിയുന്നു അതുകൊണ്ടാണ് നാഭി എന്ന് പറഞ്ഞത് അഹം വിശ്വം അനർത്തിഭ്യോ ദ പ്രയച്ഛതി അത് ബ്രവീതി സിനിഷ്ടൂതഭാവാണോ അന്നത്തെ നേരത്തെ പറഞ്ഞ കാര്യത്തെ പ്രസംഹരിക്കുന്നു അന്നത്തെ നൽകുന്നത് അന്നം തയ്യാറാക്കുന്നത് അവനെ അന്നം തന്നെ രക്ഷിക്കുന്നു എന്തുകൊണ്ട് ബ്രഹ്മം അന്നരൂപത്തിൽ അവനെ രക്ഷിക്കുന്നു അത അന്നത്തെങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നു ബ്രഹ്മാത്മഭാവന കൊണ്ട് ബ്രഹ്മം അന്യരൂപത്തിൽ അവനെ രക്ഷിക്കുന്നു അല്ലാതെ അന്നം രക്ഷിക്കത്തില്ലയാന്യോ മാം അതത്വാർഥിഭ്യ കാലെ പ്രാപ്തി അന്നമത്തിഷം ആത്മീയ ഭക്ഷ്യാമി അവനെ അന്നം തന്നെ ഭക്ഷിക്കുന്നു ആരാണോ അന്നത്തെ ആദരിക്കാത്തത് എങ്ങനെ അതത്വാർഥിഭ്യ ആഗ്രഹിച്ചു കൊടുക്കുന്നില്ല ആവശ്യമുള്ളവൻ അർത്ഥിക്ക് അത് പ്രത്യേകം പറയുന്നു എല്ലാവനും കൊടുക്കേണ്ട കാര്യമില്ല അർത്ഥിക്കുന്നവന് യോഗ്യന് ആരാണോ കൊടുക്കാതെ ഭക്ഷിക്കുന്നത് തം അന്നം അതന്തം ഭക്ഷേണ്ട പുരുഷം അഹം അത്രമേവ സംപ്രത്യാഗ്മി ഭക്ഷയാമി അവന് ഞാനിപ്പോൾ തന്നെ ഭക്ഷിക്കാം സംപ്രത്യാഗ്മി ഭക്ഷയാമി ആര് അന്നം അവനെ ഭക്ഷിച്ചു അന്നത്തിന്റെ വിചാരം ഞാൻ അവന് എന്നുവച്ചാൽ അന്നം തന്നെ ബ്രഹ്മരൂപത്തിലിരുന്നു അവനെ രക്ഷിക്കുന്നു അന്നം തന്നെ ബ്രഹ്മരൂപത്തിലിരുന്നു അവനെ ഭക്ഷിക്കുന്നു അപ്പൊ അന്നം തന്നെ രക്ഷകനും ശിക്ഷകനായിരിക്കുന്നു ജഡമായിരിക്കുന്ന അന്നത്തിനതിന് ശേഷിയില്ല അതുകൊണ്ട് അന്നം ബ്രഹ്മരൂപത്തിന് രണ്ടും ചെയ്യുന്നു അതുകൊണ്ട് അതത്വ അതിഭ്യ നൽകാതെ ഭക്ഷിക്കുന്നവൻ അഹം അന്നമേ സംഭൃപ്തി ആത്മീ ഞാൻ എന്താ അന്നം ഞാൻ തന്നെ ഇപ്പൊ ഭക്ഷിക്കുന്നു ക്ഷി അത്ര ആഹ് തർ ബിഭേമി സർവാത്മത്വപ്രാപ്തോക്ഷ സംസാരേവ്യഹം അന്നഭൂത പറയുന്നു ഇതാണോ മോക്ഷം എന്ന് പറയുന്നത് അന്നഭൂതനായിത്തീരുക ഇതിൽ നിന്നും സംസാരം നല്ലത് തർ ബിഭേമി ഇതിനെ സർവാത്മത്വപ്രാപ്തമോക്ഷ സർവാത്മഭാവം മോക്ഷം അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഓരോ സർവുമായി തീരുക പട്ടിയാകുക പൂച്ചയാകുക അന്നമാകുക ഇതൊക്കെ സംസാരമാണല്ലോ അന്നം അഭൂത ഞാൻ മുക്തനായിട്ടും അന്നമായി ആദ്യ ഞാൻ ഭക്ഷിക്കപ്പെടുന്നവനായി മാറി അന്നൈഷിഹി അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട സംവ്യവഹാര വിഷയത്വ സർവകാശന ആദീത്യം സംവ്യവഹാര വിഷയം അവതം വിദ്യമാപന്നോ വിദ്വാൻ പറയുന്നു ഇത് വ്യവഹാര വിഷയത്തെ കുറിച്ച് പറയുന്നതാണ് വാസ്തവത്തിൽ എന്താണ് ഇവൻ ഇതിനെല്ലാം അതീതനായി സർവകാമങ്ങൾക്കും കാമനകൾക്കും സർവത്വം അന്ന അന്നാദലക്ഷണം അവിദ്യാകൃതം ഇതെല്ലാം അവിദ്യാകൃതമാണെന്നും വിദ്യാബ്രഹ്മൻ ഞാനും കൊണ്ടാണ് ആ ബ്രഹ്മത്വത്തെ പ്രാപിച്ചത് സർവാത്മഭാവത്തെ പ്രാപിച്ചത് അങ്ങനെയുള്ള വിദ്വാൻ തസ്യ അവിദ്വാന് നൈവദ്ധീയം വസ്തുതരം പരമാർത്ഥത്തിൽ രണ്ടാമതൊരു വസ്തുവല്ലോ ബിഭേദി അതുകൊണ്ട് നഭേത്തവ്യം മോക്ഷ സർവാത്മഭാവത്തിലുള്ള മോക്ഷത്തെ ഭയക്കേണ്ട കാര്യമില്ല സർവാത്മഭാവം എന്ന് പറയുമ്പോൾ അങ്ങനെ ധരിക്കരുത് എന്താണ് പട്ടിയും പൂച്ചയുമായി തീരുക അതിന്റെ പ്രവൃത്തികൾ ചെയ്യുക അതല്ല അങ്ങനെയൊരു തെറ്റിദ്ധാരണയുണ്ട് സർവാത്മഭാവം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സർവവുമായി അവൻ താതാമ്യപ്പെട്ടിരിക്കുന്നു അനുദാഹരണം പറയും എന്താണോ ഒരാൾ ദുഃഖിച്ചപ്പോ തത്വജ്ഞനം ദുഃഖിച്ചു എന്തുകൊണ്ട് അതിനോട് താത്മ്യപ്പെട്ടതുകൊണ്ടാണോ ഇതെല്ലാം ഇത്തരം കഥകളൊക്കെ പറയും ഈ കഥകളൊക്കെ പറയുന്നത് അത് അത്തരം കാര്യങ്ങൾ അജ്ഞനെ പോലെ ഈ ആത്മജ്ഞനം താതാത്മ്യപ്പെടുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അതിനുവേണ്ടി പറയുന്നതല്ല ഇനി അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഒരാൾക്കുണ്ടായാൽ അത് ജ്ഞാനത്തിന്റെ ഫലമല്ല യോഗത്തിന്റെയോ മറ്റെന്തെങ്കിലും അഭ്യാസങ്ങളുടെ ഫലമായിരിക്കും ഒരാളുടെ മനസ്സിൽ ദുഃഖം വന്നു കഴിഞ്ഞാൽ തത്വജ്ഞനും ആ ദുഃഖം പ്രാപ്തമായി കഴിഞ്ഞാൽ തത്വൻ അത് വ്യർത്ഥമായി തത്വജ്ഞാൻ കൊണ്ടെന്താ പ്രയോജനം അയാൾ വീണ്ടും സംസാരിക്കും പാപം എന്നാ ചെയ്യ സുഹൃതം വിഭു പറഞ്ഞല്ലേ ആ തത്വജ്ഞൻ ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല ആരുടെയും പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല അതൊന്നും സംഭവിക്കുന്നില്ല സർവാത്മഭാവം അതിനല്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ വിവേകിന്റെയും മോക്ഷത്തെയും ഭയക്കും മുക്തനായാലും വീണ്ടും മറ്റുള്ളവരുടെ പാപത്തെ സ്വീകരിക്കേണ്ടി വരിക മുക്തനാരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല നമ്മൾ ധരിക്കുന്ന വിധത്തിൽ അതൊന്നും സ്വീകരിക്കുന്നില്ല അങ്ങനെ സ്വീകരിച്ച് സംസാരിയാകുന്നില്ല െല്ലാം മോക്ഷത്തെ കൊടുക്കുന്നു ഗുരുപാപങ്ങളെ പരിഹരിച്ച് മോക്ഷത്തെ കൊടുക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇതല്ല സ്വയം അന്യന്റെ താപത്തോട് താതാന്യപ്പെടുന്നു എന്നല്ല അങ്ങനെ ഒന്ന് മോക്ഷം തന്നെ വ്യർത്ഥമായിത്തീരുന്നു സദാചാരിയോടും ദുദാ ദുരാചാരിയോടും തഥിപ്പെട്ട് കഴിഞ്ഞാൽ മുത്തനും ദുരാചാരം അനുഷിക്കും എന്നൊക്കെ പറയേണ്ടി അതൊന്നുമില്ല സംഭവിക്കുന്നത് പിന്നെ ദൈവം തരഹിക്കും ഇവിടെ എല്ലാം പറഞ്ഞതിനു ശേഷം ഇങ്ങനെ പറയുന്നത് അഹം അന്നമ അഹമന്നാഥ ഇത്തിച്ചത് അങ്ങനെയെല്ലാം പറ ഞാൻ അന്നമാണ് അന്നനത്തെ അധികുന്നവനാണ് സ്വയം അന്ന അന്നാദാതി ലക്ഷണാസ്ത്ര വ്യവഹാര സത്സംവ്യവഹാരം മാത്രമേവാ പരമാർത്ഥവസ്തു പറയുന്നു ഇതെല്ലാം എന്താണ് ഒരു അജ്ഞനെപ്പോലെയല്ല അജ്ഞനെന്ത് ചെയ്യുന്നു തന്റെ ദുഃഖത്തോട് താതാന്യപ്പെടുന്നു അഹം ദുഃഖി എന്നനുഭവിക്കുന്നു ഈ പ്രപഞ്ചത്തോട് തന്നെ താതാത്യത്തിലിരിക്കുന്നു തത്വജ്ഞാനി ഓരോ ദുഃഖത്തോടും താതാമ്യപ്പെട്ടിട്ട് അഹം ദുഃഖി അഹം ദുഃഖി എന്നിങ്ങനെ അനുഭവിച്ചാൽ അത് ഒരു ജീവന്റെ സംസാരത്തെക്കാളും വലിയ സംസാരമാകും അതൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം പിന്നെയോ സ വ്യവഹാര സംവ്യവഹാരം മാത്രമേ വര കേ വ്യവഹാരം മാത്രമാണ് പരമാർത്ഥ വസ്തു ഈ വ്യവഹാരം പരമാർത്ഥമല്ല എന്നാണ് അവന്റെ ബോധ്യം അവന്റെ താതാത്മ്യം അതാണ് എന്നാണ് പട്ടിയിലും പൂച്ചയിലും എല്ലാം ഇരിക്കുന്ന തത്വം ഒന്ന് തന്നെ ഈ ജീവന്മാരെല്ലാം ആ തത്വത്തെ ഗ്രഹിക്കാതെ അന്ധമായി സംസാരത്തിൽ മുഴുകിയിരിക്കുന്നു താനാണെങ്കിലോ ആ തത്വത്തെ ധരിച്ചിരിക്കുന്നു ഇതൊന്നും പരമാർത്ഥമല്ല അതുകൊണ്ട് ഇത് സർവത്തോടും താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും താൻ സർവവുമായിരിക്കുന്നുവെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല അസൈവം ഭൂതോവി ബ്രഹ്മ ോകേണ അസന്നിധി ബ്രഹ്മവിദ്യ സ്തുത്യർത്ഥമുണ്ട് സെവംഭൂതീമോ ബ്രഹ്മേണ അസന്നിധി കൃത്യം ബ്രഹ്മനിമിത്തമാണ് ബ്രഹ്മ വ്യതിരേകമായി ഒന്നും നിലനിൽക്കുന്നില്ല എന്നീ ഇവിടെ പറയുന്നത് ബ്രഹ്മവിദ്യാകാര്യമായ ബ്രഹ്മഭാവത്തെ സർവാന്ത്മഭാവത്തെ സ്തുതിക്കുന്നതിനു വേണ്ടി പറയുകയാണ് അഹമന്ന അഹമന്നം അഹമന്നാദം എന്നെല്ലാം പറയുന്നു അല്ലാതെ അജ്ഞനി സംഭവിക്കുന്നത് പോലെ അവൻ സർവകാമങ്ങളെയും അനുഭവിക്കുന്നു അവൻ സ്വർഗത്തിൽ പോകുന്നു അവിടെ അഫ്സുകളുണ്ട് അവിടെ മദ്യയുണ്ട് മധുരയുണ്ട് എന്നെല്ലാം പറയുന്നത് അജ്ഞനെ പോലെ ഇതെല്ലാം പോയി അവിടെയൊക്കെ ജ്ഞാനത്തിന് ശേഷം അനുഭവിക്കുന്ന കാണാനല്ല ്രഹ്മഭാവത്തിന്റെ സ്തുതിക്ക് വേണ്ടി പറയുകയാണ് ഒരു ജീവന് തന്നെ അല്പമായ സുഖ ഉപഭോഗ ഉപകരണങ്ങൾ ലഭിച്ചാൽ അവൻ എത്രമാത്രം ഈ സർവപ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന ബ്രഹ്മഭാവത്തോട് പ്രാധാന്യപ്പെട്ടാൽ അവൻ എന്താണ് അപ്രാപ്തിരിക്കുന്നത് സർവത്ര അവനുണ്ടല്ലോ സർവവും അവന് പ്രാപ്തമാണ് സർവ്വവും അവന് നിത്യപ്രാപ്തമാണ് പക്ഷേ അവനത് അവനെ സത്തായി ബോധിച്ച് അജ്ഞനായി താധാന്യപ്പെടലില്ല ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഭയാതിദോഷഗന്ധോ അവിദ്യ നിമിത്തോ അവിദ്യ ഉച്ഛേദാ ബ്രഹ്മഭൂതാസ് അഹം വിശ്വം സമസ്തം ഭുവനം ഭൂതൈ സംഭജനൈഹം ബ്രഹ്മാതിനിർഭവന്ത അതുകൊണ്ടെന്തുന്നു ഭയാതിദോഷഗന്ധോ ഭയം തുടങ്ങിയ ദോഷങ്ങളുടെ ഒരു ലേശം പോലും അവിദ്യ നിമിത്തം അവിദ്യ നിമിത്തമായ ലേശം പോലും ഭയം കാമം ക്രോധം ഭയാദി ദോഷങ്ങളെന്ന് പറയും ഇതൊന്നും തത്വജ്ഞനില്ല അതിന്റെ ഗന്ധം പോലുമില്ല അവിദ്യ നിമിത്തം അവൻ സർവവുമാണ് അവൻ കാമിയും അകാമിയുമാണ് സർവുമാണെങ്കിലും എന്താണോ അതിനോടൊന്നും അവൻ താതാത്മ്യപ്പെടുന്നില്ല അതെല്ലാം അവിദ്യ നിമിത്തമാണ് താതാത്മ്യത്തിന് ഹേതുവായിരിക്കുന്നു നശിച്ചിരിക്കുന്നു ബ്രഹ്മഭൂത സി അവൻ സ്വയം അത് തന്നെയാണ് ഇതൊന്നുമില്ല അവൻ നാദത്തെ പാപമാവൻ ആരുടെയും പാപത്തോട് അവൻ താതാന്മ്യപ്പെടുന്നുണ്ട അവൻ പാപമില്ല ം ഭുവനം ഭൂതൈ സംഭജനീയം അഹം വിശ്വം സമസ്തം ഭൂതൈഹി ഞാൻ സമസ്തൂതവും താൻ തന്നെയാണ് സർവപ്രപഞ്ചവും താൻ തന്നെയാണ് അതുകൊണ്ടെന്താണ് ഭൂതൈഹി സർവപ്രാണികളും അത് സംഭജനീയം ഭജനീയനാണ് സർവപ്രാണി എന്ന് പറഞ്ഞാൽ പറയുന്നു ബ്രഹ്മാദിഹി ്രഹ്മാദികൾ കൂടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ കൂടി സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കൾക്ക് കൂടി ഈ ബ്രഹ്മൻ്റെ നമിക്കുന്നു അവന്റെ പാദസേവ ചെയ്യുന്നു എന്നർത്ഥം ഭവന്തീതി അസ്മിൻ ഭൂതാനീതി ഭുവനം അഭ്യഭവാമീ പരേണരേണ രൂപേണ അതുകൊണ്ട് ആ തത്വം ഞാൻ പറയാണ് ഞാനീ സർവത്തിനോട് എന്താഥാമ്യത്തെ പ്രാപിച്ചു എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി സർവകാമനകളും പ്രാപ്തമായി എല്ലാം തനിക്ക് അധീനമാണ് എന്നെല്ലാം പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം പറയുന്നു അഭിഭവാമി ഞാൻ ഇതിനെല്ലാം എനിക്ക് അധീനമാക്കി സ്വാമി ആണ് സർവത്തിനും സർവത്തിനും ഞാൻ ഈശ്വരനാണ് പരേണ ഈശ്വരേണ രൂപീണ ആ പരമാത്മഭാവത്തിൽ ഞാൻ എല്ലാത്തിനെയും തനിക്ക് അധീനമാക്കി അസ്വിൻ ഭൂതാനി സർവഭൂതങ്ങളും അതുകൊണ്ട് സർവവും എന്നെ നമിക്കുന്നു ഞാൻ സർവത്തെയും കീഴ്പ്പെടുത്തി സർവവും എനിക്കധീനമാണ് എങ്ങനെ ഞാൻ ഈ ജീവഭാവത്തിലല്ല അജ്ഞനായ ജീവഭാവത്തിലല്ല തത്വജ്ഞൻ പറയുന്നു ഞാനെന്ന് ഞാനെന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ അജ്ഞനാകത്തില്ല എന്ന് കാണിക്കുന്നതിനുവേണ്ടി ഞാൻ ഒഴിവാക്കേണ്ട കാര്യമില്ല എങ്ങനെ ഞാൻ അങ്ങനെ ആകുന്നു എങ്ങനെ ഈശ്വരേണ സ്വരൂപീണത്തിലാണല്ലോ ഈശ്വര രൂപത്തിൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു ഇതൊന്നും ആ രൂപത്തെ സ്പർശിക്കുന്നില്ല ഇതിനെല്ലാം ഈശ്വര രൂപത്തിൽ യഥാർത്ഥമായിട്ടുള്ള സത്യമായിട്ടില്ല മറിച്ച് ബാധിതമായി താൻ അറിയുന്നു ഇതിനഗ്രഹിക്കുന്നു അതുകൊണ്ട് കുടുംബജ്ഞാനി അല്ലെങ്കിൽ ഉപാസകൻ താമനങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയക്കേണ്ട കാര്യമില്ല അവിടെ തത്വജ്ഞാനത്തിൽ അതിനെല്ലാം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വര രൂപത്തിൽ സർവത്തെയും അപവദിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഈശ്വര രൂപത്തിൽ തന്നെ സർവസ്ഥിതി ചെയ്യുന്നു എന്നറിയുക പരമാർത്ഥത്തിൽ അതിനെ നിഷേധിക്കുക അതാണ് സുവർണജ്യോതിഹി സുവരാദിത്യ നകാരപുമാർത്ഥി ആദിത്യ സഹൃത് വിഭാഗം അസ്മദീയം ജ്യോതിർജ്യോതി പ്രകാശ് ഇത്യർത്ഥ സൂര്യൻ്റെ പ്രകാശം പോലെ ഇത് പ്രകാശിക്കുന്നു സകൃത് വിഭാദം അസ്മദീയം ജ്യോതി എന്റെ ഈ ജ്യോതി തന്നെ കുറിച്ച് പറയുക ഇത് ജ്യോതിയാണ് താൻ പ്രകാശസ്വരൂപനാണ് സൂര്യനെ പോലെ അത് പ്രകാശിക്കുന്നു സകൃത് വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ ഇന്നും നാളെയെല്ലാം ഉണ്ടായിരിക്കും ഉണ്ടായിട്ടില്ലാതെയാകുന്നില്ല സദാ പ്രകാശിക്കുന്നാണ് ആദിത്യനെ പോലെ പ്രകാശ ഇത്യർത്ഥ അതുകൊണ്ട് ആദിത്യനെ പോലെ ഞാൻ ജ്യോതി സ്വരൂപനാണ് ജ്ഞാനസ്വരൂപനാണ് എന്നർത്ഥം അതാണ് തത്ത്വജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നു സുവർണ ജ്യോതി ഹി പ്യേമം ഞാൻ ജ്ഞാനസ്വരൂപനാണ് ജ്യോതിസ്വരൂപനാണോ സഹൃദ്വിഭാതം ഉദയ അസ്തമനങ്ങളില്ലാതെ പ്രകാശം പറഞ്ഞല്ലോ ഉദയവും അസ്തമയവും സൂര്യനിൽ ആരോപിക്കുന്നതാണ് സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു അതുകൊണ്ട് രാത്രിയും പകലും സൂര്യനിൽ ആരോപിക്കുന്നു രാത്രി സൂര്യൻ സൃഷ്ടിച്ചതാണ് പകൽ സൂര്യൻ സൃഷ്ടിച്ചതാണ് ഇതെല്ലാം കേവലം ആരോപണങ്ങളാണ് സൂര്യനാണെങ്കിലോ സഹത് വിഭാഗം സദാ ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ രാത്രിയും പകലുമില്ല ബന്ധം ഇതാണ് തത്വജ്ഞന്റെ അനുഭവം ഞാൻ ഇന്നലെ വരെ ബദ്ധനായിരുന്നു ഇന്നലെ മകൻ ഞാൻ ജ്ഞാനിയായി എന്നുള്ള അനുഭവമല്ല ഞാൻ മുക്തനായി എന്നുള്ള അനുഭവ എന്തുകൊണ്ട് ഇത് സഹൃദ്വിഭാഗമാണ് ഇത് അസ്തമിക്കാതെ എന്ന പ്രകാശിച്ചുകൊണ്ട് നിലനിൽക്കുന്നു അങ്ങനെയുള്ള ജ്യോതിസ്വരൂപനാണ് പ്രകാശ ബന്ധത്തെയും മുക്തിയെയും നിഷേധിക്കുമ്പോ നമ്മൾ മുക്തിയുടെ കാലയളവ് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന പ്രകൃതി വിഭാഗം അതല്ല ഇത്ര കാലം മുക്തൻ ഇത്രകാലം ബദ്ധൻ അങ്ങനെ ഇല്ല രണ്ടും കൂടെയില്ല അതാണ് ഈ യഥാർത്ഥ തത്വജ്ഞാനം നൽകുന്ന മുക്തി മറിച്ച് എന്താണോ ഇത്ര സമയം ഞാൻ ബദ്ധനായിരുന്നു ഇനി മുക്തനാണോ എന്ന് പറഞ്ഞാൽ മുക്തിയെ കുറിച്ച് പ്രതീക്ഷിച്ച ഒരു നാളെ ഇന്നത്തെ ബന്ധനത്തിൽ മുക്തി എനിക്ക് കരഗതമാവും അങ്ങനെ കരഗതമാകാൻ സത്യമായൊരു മുക്തിയില്ല ആത്മാവല്ലാതെ മുക്തി എന്താണ് അത് ആത്മസ്വരൂപം തന്നെയാണ് ജ്യോതി പ്രകാശ ഇത്യർത്ഥ അതുകൊണ്ടെന്താണിത് ജ്യോതിസ്വരൂപനാണ് ഇത് വല്ലി ദ്വയ ഉപനിഷ പരമാത്മജ്ഞാനം അതാണ് ഈ രണ്ട് വല്ലികളിൽ ഉപദേശിച്ചു കഴിഞ്ഞ പരമാത്മജ്ഞാനം താം ഏതാം യഥോക്താം ഉപനിഷതും ഇങ്ങനെയുള്ള ഈ ഉപനിഷത്തിന് ആത്മവിദ്യയെ പരമാത്മജ്ഞാനത്തെ ശാന്ത ഉപരതത്തിനെ പോലെ വലിയ തപസ്സനുഷ്ഠിച്ചു എന്താണ് ഭൃഗുവിന്റെ തപസ് എന്ന് പറയുന്നത് ശാന്തനായി ദാന്തനായി ഉപരതനായി തിമാഹിതനായി ഏകാഗ്രതയുള്ളവനായി തപോ മഹദാത്തായ മനസ്സിയാണാം ഏകാഗ്രിം പരമം തപ എന്ന് പറഞ്ഞ വലിയ തപസ്സിനുഷ്ഠിച്ച് യവം വേദ ഏതൊരുവനാണോ ഇതിനറിയുന്നത് തസീതം ഫലം അവന്റെ ഫലമാണിത സർവാത്മഭാവം അവൻ സർവ പ്രപഞ്ചവും ബാധിച്ചിരിക്കുന്നു സർവാത്മഭാവത്തിൽ അവൻ സർവത്തെയും പ്രാപിച്ചിരിക്കുന്നു അവൻ സർവദുഃഖങ്ങളിൽ നിന്നും മോചിതനായിരിക്കുന്നു തസീതം ഫലം യഥോക്തം ഓം എന്ന് പറയുന്നത് മംഗളരൂപത്തിൽ അതിനെ സമാപിക്കുന്നു അതിന്റെ വിശിഷ്ടമായ ഫലത്തെ സൂചിപ്പിച്ചുകൊണ്ട് സർവാത്മഭാവത്തിലെ ഫലത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇവരവസാനിപ്പിക്കുന്നു മന്ത്രത്തെ സഹനാവവതുഹനോത്വ സഹവീര്യം തേജസ്വിനാവധീതമസ്തു വിുഷാവഹൈം സാന്ഹി സാന് സാധി